ഇന്ത്യയിലെ പ്രധാന വ്യവസായങ്ങളും സംസ്ഥാനവും നേപ്പാനഗർ പത്രക്കലാസ് നിർമ്മാണം ചിലായി ഒരുക്ക് നിർമ്മാണം കോയമ്പത്തൂർ തുണിവ്യവസായം ചിത്തരഞ്ജൻ തീവണ്ടി എൻജിൻ സിന്ദ്രി വളം നിർമ്മാണം പിംപ്രി ആന്റിബയോട്ടിക് ഗോമിയ സ്ഫോടക വസ്തുക്കൾ ജബൽപൂർ ലെൻസുകൾ ബറൌണി എണ്ണ ശുദ്ധീകരണശാല ദാരിവൽ കമ്പലി നിർമ്മാണം ജാരിയ കൽഖരിക്കടി യുദ്ധ ടാങ്കുകൾ മസഗോൺ യുദ്ധക്കപ്പൽ ആലുവ വളം ശിവകാശി പടക്ക നിർമ്മാണം ഫരീദാബാദ് തെർമോഫ്ലാസ് അഹമ്മദാബാദ് പരുത്തിവസ്ത്ര നിർമ്മാണം കാമ്പെ പെട്രോളിയം റെനോകോട്ട് അലൂമിനിയം നിർമ്മാണം